എന്നാൽ അവിടെ ആരെയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നതുവരെ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത് നിങ്ങൾ മടങ്ങിപ്പോകാൻ പറയപ്പെട്ടാൽ മടങ്ങിപ്പോവുക അത് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹുസുബഹാന ഹൂവത്താല എല്ലാം അറിയുന്നവനാകുന്നു